ആകാശഭൂമികളുടെ സൃഷ്ടാവാണവൻ നിങ്ങളുടെ ഇടയിൽ നിന്നും നിങ്ങൾക്കിണകളെ അവൻ സൃഷ്ടിച്ചു കന്നുകാലികളിലും ഇണകളെ സൃഷ്ടിച്ചു അതിലൂടെ അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കുന്നു അവന് സമാനമായി യാതൊന്നുമില്ല അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്